തലേദിവസം അവൻറെ സ്ഥാനത്തിനായി കൊതിച്ചവർ പറഞ്ഞു തീർച്ചയായും അല്ലാഹുസുബഹാനഹൂവ ത്യല തന്റെ ദാസന്മാരിൽ താൻ ഉദ്ദേശിക്കുന്നവർക്ക് ഉപജീവനമാർഗം വിശാലമാക്കുകയും പരിമിതപ്പെടുത്തുകയും ചെയ്യുന്നു അള്ളാഹു സുബഹാനഹൂവ ത്യല നമ്മോടനുഗ്രഹം ചൊരിഞ്ഞില്ലായിരുന്നുവെങ്കിൽ നമ്മെയും അവൻ ഭൂമിയിൽ പതിപ്പിക്കുമായിരുന്നു തീർച്ചയായും സത്യനിഷേധികൾ വിജയിക്കുകയില്ല